തങ്ങളുടെ മുന്നിലും പിന്നിലുമുള്ള ആകാശഭൂമികളെ അവർ കണ്ടില്ലേ നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെ ഭൂമിയിലാഴ്ത്തുകയോ ആകാശത്തുനിന്ന് കല്ലുകൾ വർഷിപ്പിക്കുകയോ ചെയ്യുമായിരുന്നു തീർച്ചയായും മടങ്ങി വരുന്ന ഓരോ ദാസനും ഒരു ദൃഷ്ടാന്തമുണ്ട്